അള്ളാഹു സുബഹാനകൂവറ്റായലയും അവൻറെ ദൂതനും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തുകഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയായ പുരുഷനോ സ്ത്രീയോ ആയിരിക്കില്ല ആ കാര്യത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കേണ്ടത് ആരെങ്കിലും അള്ളാഹു സുബഹാനകൂവറ്റായാലയെയും അവൻറെ ദൂതനേയും ധിഖരിച്ചാൽ അവൻ വ്യക്തമായ വഴിപിഴച്ചവനായിരിക്കുന്നു